എന്നാ ദേഹാദി ഭസ്മീഭൂതം പാരലൗകിക ഇത് വായിച്ചതാണോ ദേഹാദി ഭസ്മീഭൂതം അത് കഴിഞ്ഞ് ശാസ്ത്രീയേതു അപ്പോ ദേഹാദികൾ പാരലോകിക ഫലം സ്വർഗഫലത്തിന് കല്പതയെ അതിന് യോഗ്യമായി തീരുന്നുണ്ട് ഇത് ദേഹാദ്യതിരിതം ദേഹാദികൾ എന്ന വ്യതിരിതമായി കഞ്ചിത് അധികാരണം ഒരധികാരി കർമ്മത്തിനും ഫലത്തിനും അധികാരി ആക്ഷിപതി ശാസ്ത്രം അർത്ഥാവത്തി പ്രമാണത്തിലൂടെ ശാസ്ത്രം അങ്ങനെ ഒരു അധികാരിയെക്കുറിച്ച് പറയുന്ന അതാണ് കർമ്മം ചെയ്യുന്ന കർമ്മഫലം അനുഭവിക്കുന്ന ആത്മാവ് തത് അപഗമസ്ത വിദ്യ അങ്ങനെയുള്ള ഒരു ആത്മാവിനെ അറിയുന്നതും വിദ്യയാണ് കഥം അവിദ്യാവത് വിഷയത്ത് ശാസ്ത്രം അപ്പൊ പിന്നെ അവിദ്യാവത് വിഷയം അവിദ്യയുള്ളവനെയാണ് ആശ്രയിച്ചിരിക്കുന്നത് ശാസ്ത്രം എന്ന് എങ്ങനെ പറയും എന്നാണ് അപ്പം ഈ ആത്മവിദ്യ എന്ന് പറയുന്ന കൂടെ രണ്ട് തരത്തിലുണ്ട് ഒന്നെന്താണ് ശരീരത്തിൽ നിന്ന് വേറിട്ട് കർത്താവും ഭോക്താവുമായ ആത്മാവിനെ അറിയുക ഇത് ആത്മവിദ്യയാണ് ഇതാണ് പൂർവ്വമീമാംസകളുടെ ആത്മവിദ്യ പിന്നെ ഉപനിഷത്തിലൊരു ആത്മാവിനെ കുറിച്ച് പറയുന്നുണ്ട് അത് അകർത്താവായും അഭോക്താവായും ആത്മാവിനെ അറിയുക ഇതിനാണ് ഇവിടെ ബ്രഹ്മവിദ്യ രണ്ടും ആത്മവിദ്യ തന്നെയാണ് അപ്പൊ ഇതിൽ ആരെ ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ചർച്ച ചെയ്തത് അവിടെ പറയുന്നത് ശാസ്ത്രീയത് യുഹാര ബുദ്ധിപൂർവ്വകാരി സംബന്ധം അതിക്രീത ശരിയാണ് കർമ്മങ്ങൾ ചെയ്യുമ്പോ അവിടെ ശരീരഭിന്നമായ ആത്മാവിനെ അറിഞ്ഞിട്ട് തന്നെയാണ് ചെയ്യുന്നത് ആത്മവിദ്യ തന്നെയാണ് പക്ഷെ അങ്ങനെയാണെങ്കിലും ഇനി ഉപനിഷത്തിൽ നിന്ന് അറിയുന്ന ഒരാത്മാവാണ് അകർത്താവായ ആത്മാവ് ആ ആത്മാവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ അത് കർമ്മത്തിന് ഉപയോഗം ഉണ്ടാവില്ല അവിടെ പിന്നെ അവൻ കർമ്മമായിട്ടത് യോജിക്കത്തില്ലതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്തുകൊണ്ട് അനുപയോഗാ അതിന് ഉപയോഗമൊന്നുമില്ല കർമ്മത്തിൽ അധികാര വിരോധാച്ച ീ പറയുന്ന വൻഷത്തിൽ പറയുന്ന ആത്മാനം കർമ്മത്തിന് വിരോധിയാണ് കാരണം ഉപംശത്തിൽ ആത്മാവിനെ കുറിച്ച് പറയുന്നത് എന്താണ് ആത്മാവ് അകർത്താവണെന്നാണ് ഇവിടെ പറയുന്നു ശാസ്ത്രീയേതു ഭാമതേതുശബ്ദ പ്രത്യക്ഷാതി വ്യവഹാരീയം പ്രത്യക്ഷാദി വ്യവഹാരങ്ങളിൽ നിന്നും ഭിന്നത്തി വേർതിരിക്കുന്നു പ്രത്യക്ഷാദി വ്യവഹാരം എന്ന് പറഞ്ഞാൽ കാണുക കേൾക്കുക തിന്നുക കുടിക്കുക ഇതൊക്കെയാണ് പ്രത്യക്ഷാദി വ്യവഹാരം ശാസ്ത്രീയ വ്യവഹാരം എന്ന് വെച്ചാൽ ശരീരത്തിൽ നിന്ന് വേറിട്ടൊരു ആത്മാവുണ്ടെന്നറിയുക അതിന് ഭർത്താവ് എന്നറിയുക അത് ഭോക്താവ് എന്നറിയുക ഫലം അനുഭവിക്കുന്നതിന് പരലോകത്തെ കർമ്മങ്ങളൊക്കെ ചെയ്യും പരലോകത്തിനു വേണ്ടിയുള്ള കർമ്മങ്ങൾ ചെയ്യുക ഇതൊക്കെയാണ് അധികാരശാസ്ത്രം ഹി സ്വർഗകാമസും സംബന്ധം വിനാ ന നിർവഹതി ഇത് താപത് മാത്രം ആക്ഷേപ അധികാരശാസ്ത്രം എന്ന് പറയുന്നത് എന്താണ് കർമ്മശാസ്ത്രം ളെ കുറിച്ച് പറയുന്ന പൂർവകാണ്ടം കർമ്മങ്ങളെ വിധിക്കുന്ന ശാസ്ത്രം ആ ശാസ്ത്രം സ്വർഗ കാമസ്യും പുരുഷന് പല്ലോകസംബന്ധം വിനാ ന നിർവഹതി ആ പുരുഷന് പല്ലോകം സംബന്ധം കൂടാതെ അത് ഏത് ആ അധികാരശാസ്ത്രം ന നിർപഹതി അധികാര ശാസ്ത്രം നിലനിൽക്കുന്നില്ല അതിന് നിലനിൽപ്പില്ല അപ്പൊ നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം ശരീരത്തിൽ നിന്ന് വേറിട്ട് ഒരാത്മാവുണ്ടെന്നും അത് പരലോകത്ത് പോകുന്നതാണെന്നും അറിയണം ഇത് താപം മാത്രം ആക്ഷേപ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു ഈ കർമ്മകാന്ഡം അങ്ങനെയുള്ള ഒരു പുരുഷനാണ് അർത്ഥാപത്തിയിലൂടെ വെളിപ്പെടുത്തുന്നത് ആത്മാവിനെ മീമാംസ ഒരു അർത്ഥാപത്തിയിലൂടെ മനസ്സിലാക്കുന്നു എന്ന് പറയുന്നത് ശരിയാണ് പക്ഷെ എങ്ങനെയുള്ള ആത്മാവിന് താവന്മാത്രം കർത്താവും ഭോക്താവുമായിട്ടുള്ള ആത്മാവന താവൻ മാത്രം എന്ന് വെച്ചാൽ കർത്താവും ഭോക്താവുമായി ഉള്ള ആത്മാവ് എന്നുവെച്ചാൽ പരലോകസംബന്ധിയായ ആത്മാവ് അത്ര ഒരു ആത്മാവിനെ എന്ത് ചെയ്യുന്നു താവന്മാത്രം അത്രയേ ഉള്ളൂ എന്നുവെച്ചാൽ അകർത്താവായ ആത്മാവിനെ ഈ ഊർവകാന്ഡം ത്തിലൂടെ വെളിപ്പെടുത്തുന്നില്ല ആത്മാവിനെ സംബന്ധിച്ച് അർത്ഥാപത്തിയിലൂടെ വേദം വെളിപ്പെടുത്തുന്നു പറയുന്നത് ശരിയാണോ പക്ഷെ അതെങ്ങനെയുള്ള ആത്മാവ് കർത്താവും ആയ ഒരു ആത്മാവ് അത്രയേ ഉള്ളൂ അസംസാരിത്തുമീ ഈ ആത്മാവ് അസംസാരിയാണെന്നുള്ള കാര്യം പൂർവ്വകണ്ടത്തി മനസിലാക്കാൻ പറ്റില്ല അനുപംശത്ത് വേണം പറയുന്നു നതു അസ്യാന്ന് വെച്ചാ ആത്മാവിന്റെ അസംസാരിത്വം ആത്മാവിന് ജനന മരണങ്ങളില്ല കർത്താവും ഭോക്താവും അല്ല എന്നുള്ള കാര്യം എന്താണ് പൂർവകണ്ഡം വെളിപ്പെടുത്തുന്നില്ല എന്തുകൊണ്ട് തസ്യ അധികാര അനുഭയോഗ അങ്ങനെയുള്ള ഒരാത്മാവ് തസ്യന്ന് പറഞ്ഞാൽ എന്താണ് ആ കർത്താവായ ഭക്ത ആയ ആ അധികാര അനുപയോഗ അതിന് പറയുമ്പോൾ തന്നെ എങ്ങനെയുള്ള ആത്മജ്ഞാനം എന്നുള്ളതാണ് മുഖ്യം കർമ്മകാന്ഡത്തിലെ ആത്മജ്ഞാനമാണോ അത് ഉപൻഷത്തിലെ ആത്മജ്ഞാന അപ്പോ ഉപംശത്തിലെ ആത്മജ്ഞാനം അതിന് കർമ്മകാണ്ഡത്തിൽ യാതൊരുപയോഗവും ഇണ്ട് തസ്യ അകർത്താവും ആത്മാവിന് അധികാര അനുഭവയോഗാദ് യാതൊരു ഉപയോഗമില്ല അതാണ് ഭാഷ്യത്തിൽ പറഞ്ഞെന്താണ് അനുഭയോഗാദ് അധികാര വിരോധാച്ചു പറഞ്ഞതാണ് പ്രത്യുത മറിച്ച് ഔപനിഷ്യ പുരുഷസ്യ അകളത്തുർ അഭോക്തൃ അധികാര വിരോധ മറിച്ച് ഔപനിഷത പുരുഷൻ ഔപനിഷത്തം എന്ന് പറഞ്ഞ ഉപനിഷത്തിൽ അല്ലെങ്കിൽ ഉപനിഷത്തിലൂടെ അറിയപ്പെടുന്നു അല്ലെങ്കിൽ ഉപനിഷത്ത് വെളിപ്പെടുത്തുന്നു ആ പുരുഷൻ എന്താണ് അത് അകർത്താവാണ് അത് അഭോക്താവാണ് നിത്യ ശുദ്ധ ബുദ്ധമുക്തം എന്ന് പറയുന്ന അതിന് അധികാര വിരോധം അതിന് കർമ്മവുമായ വിരോധമാണ് ആ ആത്മാവിന് കർമ്മം ചെയ്യാൻ പറ്റില്ല എന്തുകൊണ്ട് അത് അകർത്താവാണ് അകർത്താവായ ആത്മാവിനെ കർമ്മം ചെയ്യും അതിൽ കർത്തൃത്വവും അതുകൊണ്ടത് അധികാര വിരോധം അധികാരി കർമ്മ പ്രയോക്ത കർമ്മത്തെ അനുഷ്ഠിക്കുന്നവൻ പ്രയോക്താവെന്ന് വെച്ചാൽ കർമ്മത്തെ അനുഷ്ഠിക്കുന്നവൻ കർമ്മജനിത ഫലഭോഗി കർമ്മത്തിൽ നിന്ന് ജനിതമായ ഉണ്ടാകുന്നായ ഫലഭോഗത്തെ അനുഭവിക്കുന്നവനാണ് ഫലത്തിൻ്റെ ഭോഗത്തിൻ്റെ അവൻ ഫലഭോഗത്തെ അനുഭവിക്കുന്നവനാണ് ഭോഗം തന്നെ അനുഭവം ഫലത്തെ അനുഭവ ഭോഗ ഭാഗ്യം എന്ന് വെച്ചാൽ ഫലത്തെ അനുഭവിക്കുന്നവനാണ് ആരെ കർമ്മം ചെയ്യുന്നവൻ എന്നു പറയുമ്പോൾ അവൻ ആത്മാവൻ എങ്ങനെയറിയുന്നു കർത്താവായും ഇതൊക്കെ മിഥ്യയാണ് എന്ന് സത്യമല്ല സത്യമായിട്ട് ആത്മാവോ കർത്താവോ ഭോക്താവോ അല്ല കർമ്മ ചെയ്യുന്നില്ല കർമ്മം ചെയ്തിട്ട് സ്വർഗ്ഗത്ത് പോകുന്നില്ല അവിടെ പോയി ഫലം അനുഭവിക്കുന്നില്ല അതെല്ലാം മനസ്സിവെച്ചു കൊണ്ടാണ് ഇത് പറയുന്നത് പക്ഷേ കർമ്മത്തെ അനുഷ്ഠിക്കുമ്പോ അവ അങ്ങനെയൊക്കെയാണ് കരുതുന്നത് കർമ്മചരിത ഫലഭോഗ ഭാഗി കർമ്മത്തിൽ നിന്നുണ്ടാകുന്ന ഫലഭോഗ ഭാഗി ഫലത്തെ അനുഭവിക്കുന്നവനാണെന്ന് കരുതുന്നു കർമ്മ അധികാരി അവൻ കർമ്മത്തിന് അധികാരിയാണെന്ന് പറയുന്നു സ്വാമി അവൻ കർമ്മത്തിന്റെ യജമാനാണെന്ന് പറയുന്നു എന്നൊക്കെ കരുതുന്നു കർമ്മത്തിന് അധികാരിയാവുന്നു സ്വാമി എന്ന് വെച്ചാൽ യജമാനാകുന്നു അവൻ കർമ്മഫലഭോഗ അനുഭവിക്കുന്നവനാകും കർമ്മഫലത്തെ അനുഭവിക്കുന്നവനു ആകും ശാസ്ത്രീയം പറയാ തത്ര കഥം അകർത്ത അപ്രയോക്താ അപ്രയോക്ത കഥം വർമ്മചരിത ഫലഭോഗി അപ്പോ അങ്ങനെയിരിക്കെ അങ്ങനെ ഒന്ന് അകർത്താവായ ആത്മാവിനെ അറിയുന്നവൻ ഒന്ന് കർത്താവും ഭോക്താവുമായ ആത്മാവിനെ അറിയുന്നു ആത്മാവ് ഒന്നേ ഉള്ളൂ പക്ഷെ രണ്ടു അറിയുന്നു അതിൽ അവയിൽ കഥ അകർത്ത കർമ്മം ചെയ്യാത്തവൻ അപ്രയോക്ത കർമ്മം അനുഷ്ഠിക്കാത്തവൻ കഥം അഭോക്ത കർമ്മഫലത്തെ അനുഭവിക്കാത്തവൻ ചെയ്യാത്തവൻ എന്നാണ് സ്വയം കർത്തൃത്വം ഇല്ലാത്തവൻ അതുകൊണ്ടുതന്നെ കർമ്മം അനുഷ്ഠിക്കാത്തവൻ അതുകൊണ്ടുതന്നെ കർമ്മത്തിന്റെ ഫലത്തെ അനുഭവിക്കാത്തവൻ അവൻ എങ്ങനെയാണ് കർമ്മജനിത ഫലഭോഗി കർമ്മജനിതമായ ഫലത്തെ അനുഭവിക്കുന്നെങ്ങനെയാണ് അവൻ അകർത്താവെന്നറിയുന്നു എന്ന് വെച്ചാൽ ഞാൻ അകർത്താവാണ് എന്നറിയുന്നു അപ്രയോക്ത അതുകൊണ്ടുതന്നെ താൻ കർമ്മത്തെ അതുകൊണ്ട് തന്നെ എന്ത് വരുന്നു അവൻ അഭോക്താവ് കർമ്മഫലത്തെ അനുഭവിക്കുന്നു അങ്ങനെയുള്ളവൻ എങ്ങനെയാണ് കർമ്മജനിത ഫലഭോഗി കർമ്മത്തിൽ നിന്നുണ്ടാകുന്ന ഫലത്തെ അവൻ എങ്ങനെ അനുഭവിക്കുന്നു അനുഭവിക്കില്ല എന്നുള്ളത് അതാണ് ഈ അധികാര വിരോധം എന്ന് പറഞ്ഞത് അധികാര വിരോധം എന്ന് പറയുന്ന എന്ത് no, no, no. കർത്താവല്ല താൻ കർമ്മത്തെ അനുഷ്ഠിക്കുന്നവനല്ല താൻ ഫലം അനുഭവിക്കുന്നവനല്ല എന്നറിയുന്നവൻ അപ്പോ എങ്ങനെയാണ് കർമ്മത്തിൽ നിന്നുണ്ടാകുന്ന ഫലത്തെ അനുഭവിക്കുന്നത് അപ്പോ രണ്ടു തരത്തിലുള്ള ആത്മബോധം മനുഷ്യനുണ്ടാകും കർത്താവും ഭോക്താവുമായിട്ട് അവനെ സംബന്ധിച്ചാണ് എന്തുവരുന്നത് കർമ്മകാണ്ഡം വരുന്നത് ആത്മാവിനെ അകർത്താവായി അപഭോക്താവായി അറിഞ്ഞ അവന് ആ കർമ്മകാന്ഡം അതവനില്ല ആ ശാസ്ത്രം അവനെ ആശ്രയിക്കുന്നില്ല കർമ്മകാന്ഡെന്ന് പറയുന്നത് അവനെ ആശ്രയിക്കുന്നില്ല സ്മാദ് അതുകൊണ്ട് എന്താണ് അനാദി അവിദ്യാലദ്ധ കർത്തൃത്വഭോക്തൃത്വ ബ്രാഹ്മണത്വദ്യഭിമാനം നിരം അതിക്ര വിഷേധശാസ്ത്രം പ്രവർത്തക അതുകൊണ്ടി പറയുന്നു ശാസ്ത്രം ആരെ ആശ്രയിച്ചിരിക്കുന്നു അത് ആദ്യം വിധിപ്രതിഷേധശാസ്ത്രത്തെടുക്കുന്നു കർമ്മകാണ് കർമ്മകാണ്ഡെന്ന് പറയുന്ന എന്താണ് ഈ കർത്തൃത്വവും ഭോക്തൃത്വവും ഒക്കെ ഉള്ളവനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അവിദ്യ ഉള്ളവനെ ആശ്രയിച്ചാണ് കർമ്മകാന്ഡം സ്ഥിതി ചെയ്തത് അസ്മാത് അനാദി അവിദ്യാലയ അവിദ്യകൊണ്ട് ലഭമായ ലഭിച്ചതായ കർത്തൃത്വഭോക്തൃത്വം ബ്രാഹ്മണത്വാദി അഭിമാനം കർത്തൃത്വം ബ്രാഹ്മണത്വാദി അഭിമാനം കാരണം ഞാൻ ബ്രാഹ്മണനാണെന്നുള്ള അഭിമാനമുള്ളവൻ എന്ന കർമ്മം ചെയ്യുന്നു ഞാൻ ക്ഷത്രിയൻ എന്നുള്ള അഭിമാനമുള്ളവൻ വേറെ വൈശ്യൻ എന്നുള്ള അഭിമാനമുള്ളവൻ വേറെ ചെയ്യുന്നു കർത്തൃത്വം ഭോക്തൃത്വ ബുദ്ധി ബ്രാഹ്മണത്വാദി അഭിമാനിയായ നരമധികൃത്യ അങ്ങനെയുള്ള മനുഷ്യനെ ശ്രയിച്ചിട്ടാണ് എന്ത് വിധി നിഷേധശാസ്ത്രം പ്രവൃത്തതേ അപ്പൊ കർമ്മകാണ്ടരേ ആശ്രയിച്ചിരിക്കുന്നു ആരെ ആശ്രയിച്ചായിരിക്കുന്നു ശരീരവ്യതിരിതമായി അവിദ്യയുള്ള പുരുഷ അവിദ്യാവത് പുരുഷ ചുരുക്കി പറഞ്ഞു കർമ്മകാണ്ഡോ ആശ്രയിച്ചിരിക്കുന്നത് അവിദ്യയുള്ള പുരുഷനെയാണ് അവിദ്യ ഉള്ളവനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് കർമ്മകാന്ഡം ഇപ്പൊ ഇവിടെ രണ്ട് ഭാഗമാക്കി മാറ്റിയിട്ടാണ് ചിന്തിക്കുന്നത് അതിനനുസരിച്ചാണ് ചിന്ത ശാസ്ത്രം അവിദ്യയുള്ളവനാണെന്ന് പറഞ്ഞു ആവിദ്യ ഒന്നെന്താണ് കർമ്മകാന്ഡ ആ ശാസ്ത്രം അവിദ്യയുള്ളവനാണ് ഇനി പുരുഷ വിഷയ ഇനി വേദാന്തത്തിന്റെ കാര്യം പറയാം ഉപനിഷത്ത് അതും അവിദ്യയുള്ളവന് തന്നെയാണ് ഉപനിഷത്ത് എന്ന് പറയുന്നതും അവിദ്യയുള്ളവന് തന്നെയാണ് അതാണ് ഇവിടെ വിശേഷിച്ച് പറയുന്നത് അതാണ് നേരത്തെ പറഞ്ഞ എന്താണ് പശുവാധിപിശ് അവിശേഷ വിൽപ്പത്തി ഉള്ളവനും പു പുരുഷാണാതിപ്പത്തിന് എന്ന് പറഞ്ഞെങ്കിൽ ആത്മബോധമുള്ളവന് അതിനെ കുറിച്ചാണ് പറയുന്നത് വേദാന്താവിഅവിദ്യ പുരുഷ വിഷയ വേദാന്തവും അവിദ്യ ഉള്ളവന് തന്നെയാണ് വേദാന്തം അവനെ ആശ്രയിച്ചായിരിക്കുന്നത് അവിദ്യ ഉള്ളവനിലെന്തുണ്ട് വേദാന്തവും ഞാനാ കാണ്ടും ആത്മവിദ്യയൊക്കെ ആ വിദ്യ ഉള്ളത് തന്നെയാണ് അതങ്ങനെ പ്രമാത്രാദിവിഭാഗാതിർതേ തർത്ഥാധികം ഞാൻ അറിയുന്നവനാണ് ഇത് ഞാൻ അറിയേണ്ട വിഷയമാണ് അറിയുന്നവനെന്ന് പറയുന്നത് ഞാൻ പ്രമാതാവാണ് ഇത് ഞാൻ അറിയേണ്ട വിഷയമാണെന്ന് പറഞ്ഞാൽ അത് ഇത്തരം ഭേദചിന്തകൾ ഉള്ളവന് ആണ് ശാസ്ത്രം അവനിലാണ് അപ്പൊ ഈ ഭേദചിന്ത ആശ്രയിച്ചിട്ടാണ് ഉപനിഷത്തായാലും ഒരാള് ഉപനിഷത്തിനെ ആശ്രയിക്കുന്നു ഈ ഭേദചിന്തയോടുകൂടിയാണ് ഉപനിഷത്തിൽ നിന്ന് എനിക്ക് അറിയാനുള്ള എന്തോ ഞാൻ അതിൽ നിന്ന് അറിയുന്നവനാണെന്നൊക്കെ അവൻ കരുതിയിട്ടാണ് പറയുന്ന പ്രമാതാവ് പ്രമാണം പ്രമേയം ഇങ്ങനെയുള്ള വിഭാഗങ്ങൾ ഭേദമില്ലാതെ വെറുതെ എന്ന് വെച്ചാൽ തദ്ർത്ഥ അധികമാ ഉപനിഷത്തിന്റെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റില്ല അവിദ്യാവം അനുശാസന്ത നിഖില അവിദ്യം അനുശിഷ്ടം സ്വരൂപേ വ്യവസ്ഥാപയന്തി ഇത് ഏതാവാദ്ശേഷം പക്ഷേ ഈ കർമ്മകാണ്ഡവും ഉപനിഷത്തും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാകും കാരണം അവിടെ പറഞ്ഞു കർമ്മകാന്ഡം എന്ന് പറയുന്ന അവിദ്യ ഉള്ളവനെ ആശ്രയിച്ചായിരിക്കുന്നത് കർമ്മകാന്ഡം അവിദ്യ ഉള്ളവനെ ആശ്രയിച്ചായിരിക്കുന്നത് ഉപനിഷത്ത അതും അവിദ്യ ആശ്രയിച്ചു തമ്മിൽ വ്യത്യാസം ഉപനിഷത്തിന്റെ കാര്യം പറയുന്നു തേതുപറഞ്ഞെന്താണ് ഈ ഉത്തരകാന്ഡം ം അനി ഉപനിഷത്തുകൾ എന്ത് ചെയ്യുന്നു അവിദ്യയുള്ളവനെ ഉപനിഷത്ത് തന്നെയാണ് ഉപനിഷത്തുകൾ അവിദ്യയുള്ളവനെ ഉപദേശിക്കുന്നു അത് അവിദ്യയുള്ളവനെ ഉപദേശിച്ചിട്ട് നിർമൃഷ്ടനിഖില അവിദ്യം അനുശിഷ്ടം വിദ്യ നിർമിഷ്ടം എല്ലാവിദ്യയും നിർമാർജ്ജനം ചെയ്തു ഇല്ലാതാക്കി അനുശിഷ്ടം ആരെയാണോ ഈഷത്ത് ഉപദേശിക്കുന്ന അവനെ സ്വരൂപേ വ്യവസ്ഥാപേണ്ടി സ്വരൂപത്തിൽ ഉറപ്പിക്കുന്നു ആരോറപ്പിക്കുന്നു എങ്ങനെ ഉറപ്പിക്കുന്നു അവനെ ഉറപ്പിക്കുന്നത് അവിദ്യ നശിപ്പിച്ചിട്ട് അവനാദ്യം ഉപദേശിക്കുന്നു അവനാദ്യം എന്തു ചെയ്യുന്നു അവിദ്യ മന്ദം അനുശാ അവന അവധ്യോണ്ട് അവനാദ്യം ഉപദേശിക്കുന്നു ഉപദേശിച്ചിട്ട് അവന്റെ എല്ലാ അവിദ്യയും ഇല്ലാതാക്കുന്നു പിന്നെന്ത് ചെയ്യുന്നു ആ ഉപദേശിച്ച അവന് സ്വരൂപത്തിൽ ഉറപ്പിക്കും അപ്പൊ ഇതൊക്കെ ചെയ്യുന്ന ഇവിടെ അവിദ്യ ഉള്ളവരിലാണ് അവിദ്യ ലഭിക്കുന്നതിന്റെ ആവശ്യമുണ്ടെന്ന് ഏതാവാൻ ഏഷാം വിശേഷ ഇതാണ് ഏതാവാൻ ഉപദേശിക്കുന്നവനെ അവന്റെ സ്വരൂപത്തിൽ നിലനിർത്തുന്നു എന്നുള്ളതാണ് ഏതാവാൻ വിശേഷ ഉപനിഷത്തിന്റെ വിശേഷ അപ്പൊ കർമ്മകാന്ഡമായാലും ശരി ജ്ഞാനകാന്ഡമായാലും ശരി അത് ആർക്കു വേണ്ടിയാണ് ഉപദേശിച്ചിരിക്കുന്നത് അവിദ്യ ഉള്ളവര് രണ്ടും പിന്നെ വ്യത്യാസം എന്താണ് കർമ്മകാണ്ടെങ്കി അവനെ പരലോകത്തും ഉണ്ടോ ഞാനെ കാണ്ടെങ്കി എന്തു ചെയ്യുന്നു സ്വരൂപ അവന്റെ സ്വരൂപത്തിൽ നിലനിർത്തും അപ്പൊ രണ്ടും എന്താണ് രണ്ടും അവിദ്യ ആശ്രയിച്ചാണ് അപ്പോ രണ്ടടുത്തും വിദ്യ ഉണ്ട് ആത്മാവ് ഇവിടെ പ്രത്യേകം ഭാഷികാരം പറയുന്നതനുസരിച്ച് ആത്മജ്ഞാന് രണ്ടു തരത്തിലേ ഉള്ളു എന്തൊക്കെയാണ് രണ്ടു തരത്തിൽ ആത്മബോധ രണ്ടു തരത്തിലാണുള്ളു ഏതൊക്കെയാണ് ഒന്ന് ആത്മാവ് കർത്താവാണ് ഭോക്താവാണ് തന്നെ അറിയുക എന്നുവെച്ചാൽ ആത്മാണി ർത്താവാണ് ഭോക്താവ് ആണ് ശരീരത്തിൽ നിന്ന് വേറെയാണ് താൻ പക്ഷെ താൻ കർത്താവാണ് ഭോക്താവാണ് എന്നറിയുന്നൊരു ആത്മവിദ്യ അതായത് ആത്മവിദ്യ കർമ്മകാണ്ഡത്തിലുള്ള ആത്മവിദ്യ മീമാംസകൾ മറ്റൊന്നെന്താണ് ഞാൻ അകർത്താവാണ് അഭോക്താവാണെന്നറിയുക ഇത് മറ്റൊരാത്മവിദ്യ ഇത് എവിടെ നിന്ന് കിട്ടുന്നതാണ് അങ്ങനെ ആത്മവിദ്യ രണ്ടു തരത്തിലുണ്ട് അപ്പോ ഇവിടെ പറഞ്ഞു എന്താണ് വിശേഷം ഉള്ളതുകൊണ്ട് എന്താ ഉദ്ദേശിക്കണം അതായത് അതാണ് ഇതിന്റെ വിശേഷതെന്ന് വെച്ചാൽ പ്രത്യേകത വിപൻഷത്തിന്റെ ഇവിടെ ഒരു ഇതിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് ഈ ആത്മാ ആത്മാവിനെ അകടത്താവാണ് അഭോക്താവാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവന് കർമ്മമില്ല അതേസമയം ആത്മാവ് കടത്താവും ഭോക്താവുമാണ് എന്ന് പറഞ്ഞാൽ കർമ്മമുണ്ട് അപ്പൊ രണ്ടും ആത്മവിദ്യയാണ് അപ്പോ ഭാഷകാലം നേരത്തെ പറഞ്ഞു പശുവാദിവിശ്ചേഷം ഉത്പത്തി ആത്മാവിനെ കുറിച്ച് ബോധമുള്ളവനും വ്യവഹാരത്തിൽ പക്ഷിമൃഗാദികളെ പോലെ തന്നെയാണ് എന്നുവെച്ചാൽ അനുകൂല പ്രതികൂല വ്യവഹാരങ്ങൾ പ്രമാണ പ്രമേയ വ്യവഹാരങ്ങൾ പക്ഷിമൃഗാദികളെ പോലെ എന്ന് പറഞ്ഞു അപ്പൊ അവിടെ പറയുന്ന ആത്മഭേദം ഏത് ആത്മബോധം എന്ന് പറയുന്ന എന്താണോ ആദ്യം പറഞ്ഞ കർത്താവും ഭോക്താവും എന്നറിയുന്നതാണോ അത് അകർത്താവ് അഭോക്താവ് എന്നറിയുന്നതാണോ ആത്മാവിന കർത്താവും ഭോക്താവും എന്നറിഞ്ഞു കഴിഞ്ഞാൽ അവനെന്ത് ചെയ്യുന്നു അവൻ ശാസ്ത്രീയമായ വിധിയനുസരിച്ച് അവൻ കർമ്മം ചെയ്യുന്നു അത് പക്ഷിമൃഗാദികളെ പോലെയല്ല പക്ഷിമൃഗാദികളുടെ പ്രവൃത്തി എന്ന് പറയുന്നത് എന്താണ് അത് ഉദാഹരണം കൊടുക്കുന്ന അനുകൂല പ്രതികൂലങ്ങളിലെങ്ങനെ പ്രവർത്തിക്കുന്നതാണ് കർമ്മകാന്ഡെന്ന് പറയുന്നത് പക്ഷിമൃഗാദികൾക്ക് ചെയ്യാൻ പറ്റുമോ പറ്റുമോ അപ്പോ അത് വേറെയാണ് പ്രവൃത്തി എന്ന് പറയുന്നത് അത് പക്ഷിമൃഗാദി ചെയ്യുന്ന പോലെയല്ല വിധി നിഷേധങ്ങൾ മനസ്സിലാക്കി വിവേകോളം മനുഷ്യൻ ചെയ്യുന്നതാണ് വിദ്യ അതുകൊണ്ട് പക്ഷി മൃഗാദി കർമ്മ അറിയുന്നവനെന്ത് ചെയ്യുന്നു അവൻ ആത്മാവിനെ അറിയുന്ന വിദ്യയുണ്ട് പക്ഷെ അവൻ അവിദ്യ ഉണ്ടെന്നു ആത്മാവിനെ ശരിക്ക് അറിയാത്തോണ്ട് അപ്പൊ അവൻ പ്രവർത്തിക്കുന്ന പശുപക്ഷിയാദികളെ പോലെ അല്ല എന്തുകൊണ്ട് റിഞ്ഞാണ് പ്രവർത്തിക്കുന്നത് പശുപക്ഷാധികളുടെ ഉദാഹരണം കൊടുത്ത് എന്തിനാണ് അനുകൂല പ്രതികൂലം എങ്ങനെ മനുഷ്യൻ പ്രവർത്തിക്കുന്നു ആത്മബോധമുള്ള അതിനാണ് ശാസ്ത്രീയ വ്യവഹാരത്തിന് കയ്യിലെ പുല്ലും കൊണ്ടുവന്ന അടുത്തോട്ട് ചേരുന്നു പടിയെടുത്തു വന്ന ഓടിപ്പോ അപ്പൊ അവിടെ പറഞ്ഞു ുരുഷാണ പ്രത്യക്ഷാതി വ്യവഹാരന്ന് പറഞ്ഞ ആത്മബോധമുള്ളവനും എന്താണ് മറ്റു പ്രവൃത്തികൾ ചെയ്യുമ്പോൾ പക്ഷിമൃഗാദികളെ പോലെ തന്നു പറഞ്ഞു കഴിഞ്ഞാല് അവിടെ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോൾ എന്തായാലും അവൻ കർമ്മകാന്ഡോ അനുഷ്ഠിക്കത്തില്ല കർമ്മകാണ്ഡം അനുഷ്ഠിച്ചില്ലെങ്കിൽ അവന് പ്രവൃത്തിയില്ലാതെ വരുമോ കർമ്മകാണ്ഡവേ ചെയ്യുന്നില്ല അവന് ആത്മാവ് അകർത്താവാണ് ഭോക്താവാണെന്നറിയാൻ പിന്നെ അവന്റെ പ്രവൃത്തിയാണോ ആണോ ആത്മാവ് അകർത്താവാണ് അഭോക്താവാണെന്നറിഞ്ഞാലും അവന്റെ പ്രവൃത്തി വരാം അവൻ്റെ ഏത് പ്രവൃത്തി ഇല്ലാതെ വരുന്നു കർത്തൃത്വ ഭോക്തൃത്വ ബുദ്ധിയോടുകൂടി ചെയ്യുന്ന പ്ര കർമ്മങ്ങളൊന്നും കാണത്തില്ല അല്ലാതെയുള്ള പ്രവൃത്തികൾ കാണാം മനസിലായി അങ്ങനെയുള്ള പ്രവൃത്തികൾ കാണുമ്പോ ആത്മബോധം ഉണ്ടെങ്കിലും അവനെന്തെയും ആഹാരം കാണിച്ചു വിളിച്ചു കഴിഞ്ഞാൽ ചെല്ലും മടിയെടുത്ത എന്റെയും ഓടിപ്പോ പശുവാദിവിശ്ചേഷുന്നത് ആത്മബോധം ഉള്ളവനെ സംബന്ധിച്ച് തന്നെയാണ് പറയുന്നത് അകർത്താവാണ് അഭോക്താവാണ് അറിഞ്ഞാലും പ്രത്യക്ഷാദി വ്യവഹാരങ്ങളിൽ എന്ത് ചെയ്യുന്നു പക്ഷിപരവാദികളെപ്പോലെ എന്നാ പറയും അനുകൂല പ്രതികൂലങ്ങളോട് അതങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത് അതാ പറയും പക്ഷെ അവനെന്ത് ചെയ്യുന്നു ഇവിടെ പറഞ്ഞു എന്താണ് ഏത് ആത്മാവിനെ കുറിച്ചുള്ള ബോധവായാലും ശരി പൂർവകാന്ഡമായാലും ശരി ഉത്തരകാണ്ഡായാലും ഇവിടെ പറഞ്ഞു തസ്മാത് അവിദ്യാവത് പുരുഷ വിഷയണ്വശാസ്ത്രാണ് എന്ത് അവിദ്യയുള്ള പുരുഷനെ ആശ്രയിച്ചാണ് എന്തിരിക്കുന്നത് ശാസ്ത്രം കൂടി ഇവിടെ ഭാഗതി പറയുന്നു അനുപയോഗാഭ്യാ ഔമ പുരുഷോ ധികാരി എന്നാപേക്ഷയുണ്ട് അത് സമ്മതിക്കർമ്മത്തിൽ അവനിഷതമായ പുരുഷൻ എന്ന് വെച്ചാൽ അകർത്താവും അഭോക്താവുമായ പുരുഷന്റെ ആവശ്യമുണ്ട് കർമ്മം ചെയ്യുന്നിടത്ത് ആണ് പറയുന്നത് വിരോധാത് അനുപയോഗാ കർമ്മവുമായിട്ടതിന് വിരോധമുണ്ട് അവിടെ അതിന് ഉപയോഗമുണ്ട് വിരോധഅനുപയോഗാഭ്യാമ രണ്ടും കൊണ്ട് അവനിഷത പുരുഷൻ ഉപനിഷത്തിൽ പറയുന്ന ആ പുരുഷൻ അധികാരെ നാപേക്ഷവിടെ ആ പുരുഷന്റെ ആവശ്യമില്ല അവകർത്താവായ പുരുഷന്റെ ആവശ്യം ഉപനിഷദ്ഭ്യോ അവഗമ്യമാനഹ ശക്തി അധികാരം നിരോധം പക്ഷെ ഉപനിഷത്തിൽ നിന്നറിയുന്ന ആ പുരുഷൻ അങ്ങനെന്ത് കർമ്മത്തെ അവിടെ നിരോധിക്കുന്നു പൂർവകാണ്ടത്തിൽ കർമ്മത്തെ വിരിച്ചു ഉത്തരകാണ്ഡത്ത് വരുമ്പോ അവിടെ എന്ത് पाडे, കർമ്മത്തെ പാടെ തള്ളിക്കളയും ശരിക്കും ചെയ്യേണ്ട കർമ്മങ്ങളെ ആണ് പറയുന്നത് തഥാപി ഉപനിഷദ്ഭ്യോ അവഗമ്യമാനഹ ഉപനിഷത്ത് എന്നറിയപ്പെടുന്ന ആത്മാവ് അധികാരത്തെ നിഷേധിക്കുന്നതിനൊരു ശക്തിയുണ്ട് ആത്മജ്ഞാനം കർമ്മത്തെ നിഷേധിക്കുന്നു തഥാക പരസ്പര അപഹതാർത്ഥത്വേന കൃഷ്ണയവേദ പ്രാമാണിം അവലക്കുക ഇപ്പൊ നോക്കുമ്പോ എന്താണ് പൂർവാണ്ണം പറയുന്ന കർമ്മം ചെയ്യണം ഉത്തരകണ്ണം പറയുന്ന എന്താണ് കർമ്മത്തെ ഉപേക്ഷിക്കാൻ അപ്പോൾ ഒരേ വേദം തന്നെ പരസ്പരവിരുദ്ധമായി പറയുക അപ്പോ ഒരാൾ പരസ്പര വിരുദ്ധമായി സംസാരിക്കണെങ്കിൽ നമ്മൾ അയാളെ ഉപേക്ഷിക്കും അതിന് പറയുന്നത് കേൾക്കാൻ നിക്കത്തില്ല ഒരു വ്യക്തിയാണ് നമ്മളോട് പരസ്പര വിരുദ്ധമായി സംഭാഷണം നടത്തിയ എന്തെയ്യും നമ്മള് അതിന് പറയുന്നത് കേൾക്കത്തില്ല ഇവിടെ വേദം പരസ്പര വിരുദ്ധമായി പറയാണ് പൂർവ്വകാന്ഡവം എന്താ പറയുന്നത് കർമ്മം ചെയ്യാൻ ഉത്തരകാണ്ഡവം എന്താ പറയുന്നത് ആത്മാവൻ കർത്തൃത്വം ഇല്ല കർമ്മം ആത്മാവൻ കർത്ത കർമ്മം ഇല്ല ഇതൊക്കെയാ പറയുന്നത് ഇത് പരസ്പര വിരുദ്ധമായ കാര്യമാണ് പറയുന്നത് അപ്പോ വേദം അപ്രാമാണ്യമായി പോകും വേദത്തെ മുഴുവൻ തന്നെ കളയേണ്ടി വരും പുറോക്ഷി ഉപനിഷ്യോഅഅവഗമ്യമാണ് ഉപനിഷത്തിൽ എന്നറിയപ്പെടുന്നതായ ആ പുരുഷൻ അധികാരം നിരോധം അധികാരത്വം നിഷേധിക്കാനാണ് കഴിയും തഥാപര അപകടാർത്ഥത്തിൽ പരസ്പര അപഹരിക്കപ്പെടുന്ന അർത്ഥത്തോടു കൂടിയൊരു പൂർവ്വകാന്ഡത്തിന്റെ അർത്ഥത്തെ ഉത്തരകാന്ഡ അപഹരിക്കുന്നു ഉത്തരകാന്ഡത്തിന്റെ അർത്ഥത്തെ പൂർവ്വകാന്ഡം അപഹരിക്കുന്നതിൽ രണ്ടും പരസ്പര വിരുദ്ധമായി നിർത്തും കൃഷ്ണയേവേദ പൂർണ്ണ വേദം പൂർണമായും വേദ കൃഷ്ണ അപ്രാമാണ്യം പ്രാമാണ്യം അപജഹ്യ പ്രാമാണ്യത്തെ ഉപേക്ഷിക്കും അപജഹ്യപേക്ഷിക്കും കാരണം എന്തുകൊണ്ട് വേദത്തിൽ ഒരിടത്ത് കർമ്മം ചെയ്യാൻ പറയുന്നു അവരുടെ കർമ്മം ഉപേക്ഷിക്കാൻ പറയുന്നു പിന്നെന്തോരം വേദകൃഷ്ണം അപജിക്കുക പ്രാമാണ്യത്തെ ഉത്യജിക്കാതൂ ബാക്കി പറയും വേദത്തിൽ കർമ്മകാണ്ടത്തിൽ കർത്താവായ ആത്മാവിനെ കുറിച്ച് പറയുന്നു ഉത്തരകാണ്ഡത്തിൽ ഉപനിഷത്തിൽ അകർത്താവായ ആത്മാവിനെ കുറിച്ച് പറയുന്നു അപ്പോ ഒരേ ആത്മാവിനെ തന്നെ കർത്താവായും അകർത്താവായും ഭോക്താവായും അഭോക്താവായും പറയുന്നു അപ്പോ ഇത് പരസ്പര വിരുദ്ധമായ കാര്യമാണ് വേദം പറയുന്ന അതുകൊണ്ട് നമുക്ക് ഈ വേദത്തെ തള്ളിക്കളയാം എന്ന് വിചാരിച്ചാലോ ഉറോക്ഷി പറയുന്നു അങ്ങനെ എന്നാണ് അതിനടുത്ത് സമാനം പറയുന്നു